അധ്യായൊന്ന് അവരെ വിട്ടു പിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിനും പിറ്റേന്നാൾ രോദോസിനും അവിടം വിട്ട് പത്തരയിലും എത്തി പൊയ്നീക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി ചോറിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി ഏഴുനാൾ അവിടെ പാർക്കു അവർ പൌലോസിനോട് എരുസലേമിൽ പോകരുതെന്ന് ആത്മാവിനാൽ പറഞ്ഞു അവിടത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ അവർ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടു കൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ച് പൂലോമായിസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പിറ്റേനാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസേരിയിലെത്തി എഴുവരിൽ ഒരുവനായ ഫിലിപ്പോൾ എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ അവനെ കഞ്ഞികമാരും പ്രവചിക്കുന്നവരുമായ നാല് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദ്യിൽ നിന്ന് വന്നു അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൌലോസിന്റെ അരക്കച്ചയെടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുസലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ യെരുസലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടത്തുകാരും അവനോട് അപേക്ഷിച്ചു അതിന് പൌലോസ് നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത് കർത്താവായ യേശുവിന്റെ നാമത്തിനുവേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുസലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നു തരം പറഞ്ഞു അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു അവിടത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പുകൂട്ടി എരുശലേമിലേക്ക് പോയി കൈത്തേരിയയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളു കുപ്രോസ്കാരനായ മനാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടു കൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി യെരുസലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന് പൌലോസും ഞങ്ങളും യാസോബിന്റെ അടുക്കൽ പോയി മൂപ്പന്മാരുമെല്ലാം അവിടെ വന്നുകൂടി അവൻ അവരെ വന്ദനം ചെയ്തു തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ അവർ എല്ലാവരും ന്യായപ്രമാണ കൽപ്പരന്മാർ ആകുന്നു മക്കളെ പരിച്ഛേദന എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ്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 അവരിൽ ഓരോരുത്തിനുവേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം എന്ന് ബോധിപ്പിച്ചു ആ ഏഴ് ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു ഇസ്രയേൽ പുരുഷന്മാരെ സഹായിക്കേൻ ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന ഈ വിശുദ്ധ സ്ഥലം പീഡിച്ചുകളഞ്ഞു എന്ന് വിളിച്ചു തൂകി അവർ മുമ്പേ എഫേസിനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൌലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൌലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഉടനെ വാതിലുകൾ അടച്ചു അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ എരിച്ചിലെ മൊക്കിയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു അവർ സഹസ്രാധീപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൌലോസിനെ അടിക്കുന്നത് നിർത്തി സഹസ്രാധിപൻ അടുത്തുവന്നവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു ആർ എന്നും എന്തു ചെയ്തു എന്നും ഒരു ശാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടായെങ്കിയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളർത്തുകൊണ്ട് ജനസമൂഹം പിൻചല്ലുകയാൽ ഒരു താരത്തിന്റെ ബലാത്കാരം പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൌലോസ് സഹസ്രാധികനോട് എനിക്ക് നിന്നോട് ഒരു വാക്കു പറയാമോ എന്ന് ചോദിച്ചു അതിന് അവൻ നിനക്ക് യവനഭാഷ അറിയാമോ കുറെനാൾ മുമ്പ് കലഹമുണ്ടാക്കി നാലായിരം കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രമ്യൻ നീയല്ലയോ എന്ന് ചോദിച്ചു അതിന് പൌലോസ് ഞാൻ കിലീക്കിയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൌരനായൊരു യഹൂദനാകുന്നു